സർവത്ര സർവത്ര മുകളിലൂടെ ആചാര് അർത്ഥം പ്രിയേഷു ആചാര പ്രിയ വിഷയങ്ങൾ അനഭസിന്ഹിനർത്ഥം പറയുന്നത് ഇത് രണ്ടും പ്രത്യേകം മനസ്സിലാക്കിയിരുന്നു എന്തുകൊണ്ട് സർവത്ര എന്ന് പറഞ്ഞ പ്രിയേഷ്യ പ്രിയ വിഷയങ്ങളെന്ന് പറയുന്ന അർത്ഥത്തെ സങ്കോചിപ്പിച്ച് ചുരുക്കി പറയുമ്പോൾ അപ്രിയേഷൻ സ്നേഹം പ്രസംഗത്താവാ അപ്രിയമായ വിഷയങ്ങളിൽ നമുക്ക് സ്നേഹത്തിന്റെ പ്രാപ്തി സ്നേഹം എന്നുള്ളൊരു കാര്യത്തെ പ്രാപ്തി പ്രിയ വിഷയങ്ങളിലാകുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടാകും അപ്രിയ വിഷയങ്ങളിലുണ്ട് അതുകൊണ്ടാണ് സർവത്രാംഗം എല്ലാത്തിനും എടുക്കാം പ്രിയമായതും അപ്രിയമായ പക്ഷേ സ്നേഹത്തെക്കുറിച്ച് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ സ്നേഹം മനുഷ്യന് സംഭവിക്കില്ലല്ലോ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഇഷ്ടം വന്നു അതുകൊണ്ട് അപ്രിയഷം പ്രസംഗമാന്ത വിഷയം ഇഷ്ട വിഷയങ്ങളിലുള്ള സ്നേഹത്തിന്റെ കൂടെ പറയുന്നത് സർവേ ത്ര പിന്നെ അനഭിസ്നേഹ എന്ന് പറയുന്ന കൂടെ പറഞ്ഞു ഉദാസ അഭിസ്നേഹ പ്രവൃത്തിപര്യന്തതയാ തദ്പത്രത്തദ്വിഷയ ഉപാദാന പ്രവൃത്തിരാഹിത്യപര്യന്ത ഉദാസ അഭിമുഖേനുള്ള സ്നേഹം ഒരു വിഷയത്തോട് നമുക്ക് തോന്നുന്ന സ്നേഹം അവിടെ സ്നേഹം കുറയല്ല കൂടത്തേ ഉള്ളൂ അഭിസ്നേഹം വിഷയാഭിമുഖമായി ആ സ്നേഹം എന്ന് പറയുന്ന പ്രവൃത്തി പര്യന്തതയ എന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടെത്തി അപ്പൊ അവിടെ ഒരു സ്നേഹം ഒരിടത്ത് ഉണ്ടാവും അതിന് പിന്നാലും ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കും സ്വാഭാവികമാണത് അപ്പൊ ഇവിടെ സ്നേഹം പാടില്ല എന്ന് മാത്രമല്ല തത് അഭാവം അപ്രവൃത്തിയും പാടില്ല പുതിയ വിഷയങ്ങളോട് സ്നേഹം തോന്നാൻ പാടില്ല ആ പുതിയ വിഷയങ്ങളിലുള്ള അപ്രവൃത്തിയും പാടില്ല അത്ര തദ്വിഷയം ഉപാദാനപ്രവൃത്തി രാക്കി വരിക വിഷയങ്ങളിലൂടെ നമുക്ക് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു സ്വീകാര്യമെന്ന ഭാഗം തന്നെ സ്വീകരിക്കുക ഉൾക്കൊള്ളുക സ്വന്തമാവുക പ്രവൃത്തിയാണ് ഉള്ളത് അതാണ് ഉപാദാന പ്രവൃത്തി അങ്ങനെ ഒരു പ്രവൃത്തി പാടില്ല സ്നേഹവും പാടില്ല അങ്ങനെ ഇരിക്കുന്നതാണ് ഉദാസീനം എന്ന് പറയുന്നത് അപ്പൊ അനവി സ്നേഹം വെച്ചാൽ ആ വ്യക്തി ഉദാസീനതായിരിക്കും അതിസ്നേഹവുമില്ല സ്നേഹത്തെ തുടർന്ന് വരുന്ന പ്രവൃത്തിയുണ്ട് അപ്പൊ സ്ഥിരപ്രജ്ഞ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് മറ്റ് വ്യാഖ്യാതാക്കളും പ്രവൃത്തി എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും മറ്റെല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നത് പാരമ്പര്യ വ്യാഖ്യാതാക്കളെല്ലാവരും പറയുന്നതാണ് പ്രിയ വിഷയങ്ങളോട് സ്നേഹം പാടില്ല അത് യുന്നത് പ്രിയ വിഷയങ്ങളോട് നമുക്ക് തോന്നുന്ന സ്നേഹം അവര് താമസിക വൃത്തിയാണ് സ്ഥിതപ്പറഞ്ഞ സാത്വികനാണ് അങ്ങനെ ഒരു താമസിക വൃത്തി അവിടെ വരാൻ പാടില്ല അനഭി സ്നേഹം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നും പറയാൻ സ്നേഹം പാടില്ല എന്ന അർത്ഥം പറയാൻ നമ്മളത് ഗീത ഗീത തകർത്ത് വ്യാഖ്യാനിക്കുന്നവരാണ് നമ്മളെ അർത്ഥം അർത്ഥമാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന്റെ അർത്ഥം ഇങ്ങനെ സാധിക്കും പറയാൻ പറ്റും എന്താണ് സ്നേഹം പാടില്ല പ്രിയപ്പെട്ട വിഷയങ്ങളിൽ സ്നേഹം പാടില്ല അതാണ് സ്ഥിരപ്രജ്ഞത എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനീകരിക്കും അതോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായ വ്യാഖ്യാനമുണ്ടോ എന്ത് പറയുന്നു അവിടുത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ ഇതൊക്കെ എങ്കിലും തോന്നുന്നു അതേ പറയാൻ പേടിയാം എന്താ സംഭവം കേട്ടില്ല പ്രിയമുള്ള വിഷയം എന്ന് വെച്ചാൽ പ്രിയത്തിന് വിഷയമായിരിക്കുന്ന വിഷയം തന്നെയാണ് അതില് അത് പാടില്ല അതങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഒരു സ്വഭാവമാണ് ഒരു പുഷ്പം കാണും അപ്പോ അത് നമ്മുടെ പ്രിയത്തിന് വിഷയമാണ് പക്ഷെ സ്വാഭാവികമായി പരാജി ഹാനി മ ബ്രഹ്മ വിദ്യകളെയൊക്കെ സൃഷ്ടിക്കുന്നു ഈ വിഷയങ്ങളെ പിറകെ പോകാനാണ് അപ്പൊ സ്വാഭാവികമായി സംഭവിക്കുന്നു അതുകൊണ്ട് അത് പ്രിയ വിഷയമാണ് ഒരു സർപ്പം ഇങ്ങനെ അതിന്റെ പത്തിയെ കൊണ്ടെടുത്തിരിക്കുന്നത് അപ്രിയ അങ്ങനെയുള്ള വിഷയങ്ങൾ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ മനസ്സിനെ കാണുന്നു അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന വിഷയങ്ങൾ പ്രിയ വിഷയങ്ങളെന്ന് നമുക്ക് വെറുപ്പ് ദേഷ്യമൊക്കെ ഉണ്ടാക്കുന്നതിന് അപ്രിയ വിഷയങ്ങളാണ് സാധാരണ അങ്ങനെയാണ് ഇവിടെ തത്മവിശ്വാസങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നത് മനുഷ്യന്റെ അനുഭവങ്ങൾ അങ്ങനെ അപ്രിയം ഉണ്ടാകേണ്ട വിഷയങ്ങളിൽ സ്നേഹം പാടില്ലെന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സ്നേഹം ഒന്നുകൂടി നമുക്കറിയാം എന്താ ഉദ്ദേശിക്കേണ്ടത് വേറെ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ദേവീന് പറയുന്നു ആസക്തി എന്ന് പറയും എന്ന് വേണമെങ്കിൽ പറയാം ഏ ഇംഗ്ലീഷ് വാക്ക് പറയുക ഞാൻ അത്ര വലിയ ഇംഗ്ലീഷ് വിദ്വാനം നിന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയുക എന്താണ് പ്രിയത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ഏ കേട്ടില്ല ഞാൻ ശരിക്കും കേട്ടില്ല ഫേവറേറ്റി മതിയോ ഏ ഡിയർ എത്ത വേറൊരു വാക്കോ എത്രയോ വാക്കുകളുണ്ട് ചർച്ചയിൽ ഇടപെടുന്നു ഏകപക്ഷീയമാണ് എത്ര കാലമായി ഞാൻ പൊണി നടക്കും എനിക്കൊരു റെസ്റ്റ് കിട്ടണ്ടേ നിങ്ങളെല്ലാ ദിവസവും ഇങ്ങനെ മിഡിൽ ക്ലാസിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഹസനം പൊടി ഇന്നിട്ട് എഴുന്നേറ്റ് പോകുന്നു ഞാനും എഴുന്നേറ്റ് പോയി അപ്പൊ ഫീസിലേക്ക് അറ്റാച്ച്മെന്റ് ആണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആസക്തി എന്ന് പറയാം സംസ്കൃതത്തിൽ മമത ആസക്തി എന്നെല്ലാം നമുക്ക് പറയാം പക്ഷെ അറ്റാച്ച്മെന്റ് എന്ന് പറയാം ചോദ്യത്തിന്റെ അർത്ഥം വരാം അങ്ങനെ പറയുന്നത് പറഞ്ഞു വരുമ്പോ ഇംഗ്ലീഷ് അറിയാത്തത് എനിക്കല്ല നിർത്ത സാധാരണ പറയുന്ന കാര്യം ഞാൻ പറയുന്നത് സാധാരണ ആൾക്കാർ പലതും പറയും അങ്ങനെ എന്ന് പറയുകയാണെങ്കിൽ വേറൊരു വാക്ക് പേക്കും അഡിക്ഷൻ എന്നൊരു വാക്ക് പേവിക്കും അതങ്ങനെ ഞാൻ പറയാൻ കാരണം ഈ പറയുന്നവരെന്താണ് ആസക്തി എന്ന സംസ്കൃതത്തിന് പലരും നിങ്ങളെപ്പോലെയുള്ള ഗീതാ വേഗതാക്കളെന്ന് ഞാൻ പറയുന്നില്ല പലരും അറ്റാച്ച്മെന്റ് എന്ന് വെക്കാനും പക്ഷെ അത് ശരിയാവത്തില്ല മോഡേൺ സൈക്കോളജിയിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു മോശം കാര്യമില്ല നിങ്ങൾ വിവരമുള്ള ആൾക്കാർക്ക് ഒന്ന് പോയി പറയണെങ്കിൽ അവർ ധരിക്കും നിങ്ങൾക്ക് വിവരമില്ല നിങ്ങളൊരു പ്രശ്നം ഇതിനകത്തിരുന്ന് നിങ്ങൾക്ക് എന്ത് മതപ്രഭാഷണം നടത്താം കാരണം നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളെ തന്നെ കേൾക്കുന്നു അവിടെ ഒരു ഏതൊരു അഭിപ്രായം പറയാൻ ആരും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒട്ടും മോശമായ ഒരു കാര്യമുണ്ട് പക്ഷെ അഡിക്ഷൻ എന്ന് പറയുന്നത് പ്രശ്നമാണ് അതായത് ലവ് അറ്റാച്ച്മെന്റ് അഡിക്ഷൻ മോഡേൺ സൈക്കിളി ചെയ്ത് ലവ് അറ്റാച്ച്മെന്റ് രണ്ടെങ്കിൽ നല്ല രീതിയിലാണ് അവർ കൊല്ലപ്പെട്ടത് ഒരാൾക്ക് മറ്റൊരാളിനോട് ലവ് കൊണ്ടുവന്ന് ഞാൻ കേൾക്കുന്നു അയാളുടെ വെൽബീ അയാൾ ആഗ്രഹിക്കുന്നു അതിനാണ് ലവ് എന്ന് പറയുന്നത് ക്ഷേമത്തെ മറ്റൊരാളുടെ ക്ഷേമത്തെ ആഗ്രഹിക്കുന്ന സ്നേഹം നമുക്ക് ലവ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ലവ് അമ്മയെപ്പോഴും എന്ത് ചെയ്യുന്നു ആ കുഞ്ഞിന്റെ ക്ഷേമത്തെ ആഗ്രഹിക്കുന്നു അതാണ് മോഡേൺ സൈക്കോളജികളുടെ ഡെഫിനിഷൻ അപ്പോൾ ലവ് എന്ന് പറയുന്നൊരു ഒരിക്കലും മോശം കാര്യമില്ല സ്നേഹം എവിടെയാണോ നിങ്ങളും മറ്റൊരാളോട് ക്ഷേമത്തെ ഗ്രഹിക്കുന്നത് പക്ഷേ അത് മാത്രമല്ല ഞാൻ അതിന്റെ ഒരു ക്വാളിറ്റി എടുത്തൊന്നേ ഉള്ളൂ പല കാര്യങ്ങളും അവിടെ നല്ലത് മാത്രമേ ഉള്ളൂ മോശമായൊരു കാര്യമുള്ളൂ അവിടെ പ്രധാനമായി വരുന്ന മറ്റൊരാളുടെ വെൽ ബീയിങ് ആണ് ഒരു അമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനോട് അറ്റാച്ച്മെന്റോട് എന്താ മോശം കാര്യങ്ങൾ അത് അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുഞ്ഞിനോട് കെയർ അവനെ അറ്റാച്ച്മെന്റ് ഉണ്ട് അങ്ങനെയാണ് മോഡേഴ്സ് ആയിക്കോളിൽ അറ്റാച്ച്മെന്റ് പറയുന്നത് ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് കെയർ ഉണ്ടായിക്കാനാണ് അറ്റാച്ച്മെന്റ് ഉണ്ട് കുഞ്ഞിന് അമ്മയോടൊരു അറ്റാച്ച്മെന്റും അത് ജനിക്കുമ്പം തന്നെ ഉണ്ടാവും അപ്പോ അതിന്റെ വളരെ കുഞ്ഞ് ബ്രെയിനിൽ തന്നെ ന്യൂറോൺ ഡെവലപ്മെന്റ്സ് നടക്കുന്നത് വളരെ വേഗത്തിലാണ് വളരെ ഫാസ്റ്റായിട്ട് സെക്കൻഡിൽ ആയിരം കണക്കിലും പതിനായിരം കണക്കിലും ഇത് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചും പോട്ടെങ്കിലും ഇപ്പോൾ അത് കുറയും തുടക്കത്തിലാണ് അതിന്റെ മാക്സിമം വളർച്ച ഇപ്പൊ കുഞ്ഞിന് അമ്മയോ ഒരു ട്രസ്റ്റ് ഉണ്ടാവും അതാണ് കുഞ്ഞിന് അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് ട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് അമ്മയുടെ സമീപത്തിൽ കുഞ്ഞ് ശാന്തമായ ഒരാപരിചിതന്റെ കളയാണെങ്കിൽ അതിന് ഉറക്കമില്ല ട്രസ്റ്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് കെയർ ട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്ക് നിന്റെ നന്മയിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹമാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഞാൻ നിന്നെ കെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അറ്റാച്ച്മെന്റ് ഇനി നിന്നെ കൂടാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷനാണ് ഇതാണ് മോഡേൺ സൈക്കോളജിയുടെ വിശദീകരണം അപ്പൊ ആസക്തി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡിക്ഷൻ എന്ന് പറയാം അറ്റാച്ച്മെന്റ് എന്ന് പറയാം രീതിയുടെ രക്ഷേതാക്കളെ ഇംഗ്ലീഷിലൊക്കെ വ്യാഖ്യാനിക്കുന്നവർക്ക് ഇങ്ങനെ സാധാരണ പറയുന്നതാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് അറിവില്ലാത്തത് ഇന്നത്തെ മനുശാസ്ത്ര പഠനങ്ങൾ വ്യക്തമായി പറയും അപ്പൊ പറയുന്നതിന് ശരിയായ പഠനങ്ങളുണ്ടെന്നുള്ള അഡിക്ഷനാണ് ഇവിടെ പ്രതികാൻ ഇനി അഡിക്ഷൻ മാത്രമല്ല ഈ അറ്റാച്ച്മെന്റിന് കുഴപ്പമായിട്ട് വരാം അറ്റാച്ച്മെന്റിനോട് ഒരു ആസൈറ്റി പോലെയുള്ള കഴിഞ്ഞാൽ നല്ല പ്രശ്നമായി അത് അറ്റാച്ച്മെന്റ് ദോഷമായിരിക്കും നല്ലതാകട്ടെ കുഞ്ഞിൻ്റെ ഒരു ചെറിയ അസുഖം പനി അമ്മയ്ക്ക് വലിയ ആൻസൈറ്റുണ്ടാവും ഉത്കണ്ഠ ആ ഭാഗങ്ങളിലൊക്കെ ഇത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകട്ട പ്രായം ചെല്ലുമ്പോൾ മനസ് കുറേ മുരടി പ്രായം കൂടി വരുമ്പോഴും മുരടിപ്പുണ്ടാവും അപ്പോൾ ഈ സമയത്താണ് അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നത് അപ്പോൾ ഒരു വലിയൊരാൾസൈറ്റം ഉണ്ടാകിയിൽ ഈ പനിയങ്ങോട്ട് കൂടി കുഞ്ഞ് കുഴപ്പത്തിലായി പോകുമോ അതിന് വേണ്ടി മരണം വില സംഭവിക്കുമോ ഇത് കൊറോണയാണോ മറ്റെന്തെങ്കിലും ആണോ ഇങ്ങനെയൊക്കെ വന്നു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അവിടെ കെയറുണ്ട് ട്രസ്റ്റ് ഉണ്ടെല്ലുണ്ട് പക്ഷെ അതിനോട് ഉത്കണ്ഠ കൂടി ചേർന്ന് അത് നല്ല കാര്യമാണ് തറ്റാക്സിമെന്റ് എന്ന് പറയുന്നത് ഇത്തരം കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് അവശ്യം വേണ്ടതാണ് മനുഷ്യന് ഇത് ഇന്നങ്ങനെ ചിന്തിക്കുന്നതിന് പ്രധാനമായ കാരണം മനുഷ്യന് മറ്റ് മനുഷ്യരോട് വേണ്ട ബന്ധം മനുഷ്യന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യബന്ധങ്ങളിൽ വേണ്ട കാര്യങ്ങളാണ് ലവ് അറ്റാച്ച്മെന്റ് നമുക്ക് പറയുന്നത് മനുഷ്യന് മനുഷ്യ സമൂഹത്തോട് വേണ്ട ഒരു ബന്ധമാണ് അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രൈവറ്റായിട്ടുള്ള ഒരു കാര്യമില്ല ഒരു മനുഷ്യന് വേറെ മനുഷ്യനോടൊന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ പരസ്പരം മനുഷ്യർക്ക് വേണ്ട കാര്യമാണ് മൃഗങ്ങളിൽ പോലും കാണാറുണ്ട് പലപ്പോഴും മനുഷ്യരിൽ പലപ്പോഴും ഇത് നഷ്ടപ്പെട്ടു എന്താണ് ഇത്രയും എല്ലാവരും അറ്റാച്ച്മെന്റ് ഇതൊക്കെ മനുഷ്യ സമൂഹത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ യുദ്ധങ്ങൾ നടത്തുന്നതും പരസ്പരം കൊല്ലുന്നതും പരസ്പരം തോൽപ്പിക്കുന്നതും ജയിന്നതും അല്ല ഈ ഒരു ഇമോഷൻസിനെ മനുഷ്യൻ മനസ്സിലാക്കുകയും മനുഷ്യരവന്റെ ഉള്ളിൽ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബാഹ്യമായ സംഘർഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റില്ല അതാകൊന്നുള്ള പക്ഷെ മറ്റെന്തൊക്കെ കാരണങ്ങളുണ്ടായാലും ശരി സംഘർഷങ്ങൾ പോളിറ്റിക്സ് പോലുള്ള കാര്യവും ഉണ്ടായാലും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സാണ് എക്കണോമിക്സ് പോളിറ്റിക്സ് എനിക്ക് ഈ സംഘർഷത്തിന് കാരണമാണെന്നല്ല പക്ഷെ അതൊക്കെ മനുഷ്യന്റെ മനസ്സിലാണെന്നൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന ഗുണങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കുറയും ആ ലവ് അറ്റാച്ച്മെന്റിന്റെ കാഴ്ചപ്പാടിലൂടെ അവർ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു മനുഷ്യൻ്റെ ഇടയിലുള്ള സംഘർഷങ്ങൾ കുറഞ്ഞിരിക്കും മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ രാജ്യങ്ങളുടെ പേരിൽ അതിൽ അതിലുകളുടെ പേരിൽ അത് വരുന്ന ഈ പ്രശ്നങ്ങളെ ആയുധങ്ങൾ കൂടുതൽ കൂടുതൽ നിർമ്മിച്ച് പരിഹരിക്കുക എന്ന് പറയുന്ന അതല്ല അത് നിയന്ത്രിക്കുന്നൊരു മാർക്ക് ഇതിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനെക്കാൾ കൂടുതൽ ആയുധം നമ്മളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ അവൻ പേടിക്കും ആ പേടികൊണ്ട് നമുക്ക് നിലനിൽക്കുന്നൊക്കെയാണ് വിചാരിക്കുന്നത് മനുഷ്യൻ വിജയിക്കില്ല ആയുധങ്ങൾ ഒരുപാട് സംഭരിച്ച് വെച്ചു കഴിഞ്ഞാൽ പേടിക്കും അപ്പം നമ്മൾ രക്ഷപ്പെടുകയും ഇന്നൊക്കെ പഴയ ഗോത്ര സംസ്കാരത്തിന്റെ ഒക്കെ ആ ജീനുകൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മളതിൽ അഭിമാനിക്കുന്ന അവന് പത്ത് പാർപ്പ് ലൈനുകളുണ്ട് നമുക്ക് നൂറുണ്ട് നമ്മളാണ് കേമൻ എന്ന് വിചാരിക്കുന്ന പഴയ ഗോത്ര സംസ്കാരത്തിന്റെ തുടർച്ചയെന്ന് നമുക്ക് തോന്നുന്നു അങ്ങനെയെല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കാൻ നോക്കുന്നതിനും വളരെ മെച്ചപ്പെട്ടാണ് ലവ് അറ്റാച്ച്മെന്റ് തുടങ്ങിയ മാനുഷികമായ ഗുണങ്ങൾ അതിന് മനുഷ്യ സമൂഹം വളർത്തണമെന്നാണ് അതായത് പേഴ്സണൽ ചോയ്സല്ല ശരി ഞാൻ കുറച്ച് സ്നേഹമുള്ളവരും ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ രോഗം ശരിയാകുമെന്നുള്ള മനുഷ്യന്റെ മനസ്സിൽ ഇത്തരം ഗുണങ്ങളെ വളർത്തി കെടുക്കണം അവൻ്റെ നഴ്സറിയാണ് മനുഷ്യന്റെ മനസ്സ് എന്നാണ് ഇന്നത്തെ ആത്മീയ മനുശ്വാസം പറയുന്നത് പക്ഷേ മനുഷ്യന്റെ മനസ്സിൽ തന്നെ പലതരത്തിലുള്ള ദുരാഗ്രഹങ്ങളും അഹന്തയും പലതരത്തിലുള്ള പ്രോഫ്റ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് ശരിക്കും ഉറക്കാവില്ല ആശയപരമായി നിന്യം പ്രൗഹികമായ രോഗം വരുമ്പോഴും മനുഷ്യൻ അങ്ങോട്ട് മനസ്സിലും അതിന് ഭൗതികവും ആത്മീയവും എന്നുള്ള വ്യത്യാസവും ആശയങ്ങളൊക്കെ ശരി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഭൗതിക സമൂഹങ്ങളും ആത്മീയ സമൂഹങ്ങളും ഒരു വ്യത്യാസമുണ്ട് ഡ്രസ്സിലുള്ള വ്യത്യാസമുണ്ട് ഇവരും ആന്തരികമായി ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരുത്തരും മേൽക്കൈക്ക് വേണ്ടി ആ സമൂഹത്തിൽ ഫൈറ്റ് ചെയ്യുകയാണ് സംഘർഷം നടക്കും ആന്തരികമായും ബാക്കി അതൊന്നും വ്യത്യാസമൊന്നും ഇത് മനുഷ്യന്റെ മനസ്സിന് മാറ്റം കാണാനും അപ്പോ ആസക്തി അഭിസ്നേഹം എന്ന് പറയുന്നതിന് അറ്റാച്ച്മെന്റ് ഒന്നും ഇന്നത്തെ മനുഷ്യന്റെ അറിവനുസരിച്ച് വ്യാഖ്യാനിട്ടില്ല അഡിക്ഷനൊന്നും അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് നിന്നെ കൂടാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നതാണ് അഡിക്ഷൻ അതൊരു വ്യക്തിയെ സംബന്ധിച്ചായോ ഇതെല്ലാം വസ്തുക്കളെ സംബന്ധിച്ചാവ വിഷയങ്ങളെന്ന് പറയുമ്പോൾ വ്യക്തികളും വസ്തുക്കളും ആവും അതൊരു ഇമോഷണൽ ട്രാപ്പ് എന്ന് ഇമോഷണൽ ട്രാപ്പ് കടിക്കും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം നമുക്കൊരു ട്രാപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ട്രാപ്പ് പരിഗണിക്കുക എന്താണ് ഇന്നെ കൂടാതെ എനിക്ക് പറ്റത്തില്ല അതൊരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു വിഷയങ്ങളെ സംബന്ധിച്ചോ അങ്ങനെ പാടില്ല മനസ്സങ്ങനെ ആയി തീരാൻ പാടില്ല അതാണ് തഥ ആസക്തിയെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്കെ കണ്ട് കുടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം കുടിക്കാതിരിക്കാൻ പറ്റി ട്രാപ്പിൽ പെട്ട് കഴിക്കും അതാണ് ഇമോഷണൽ ട്രാപ്പ് അത് വേതൊരു വിഷയങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിലും എന്റെ തൊഴിലെന്ന് പറയുന്നത് പഠിപ്പിക്കുകയാണ് എനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഈ തൊഴിൽ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുന്ന ഞാൻ ട്രാപ്പി പെട്ടിരിക്കുകയാണ് ആസക്തിയല്ല ഇത് അറ്റാച്ച്മെന്റ് അഡിക്ഷനാണ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം തരട്ടില്ല ഇതാണ് എന്റെ നിലനിർത്തുന്നത് ഇതാണ് എന്റെ ജീവവായു ഇതാണ് എന്റെ പ്രാണൻ പറയാറുണ്ട് ഇയാണെന്റെ പ്രാണൻ അഡിക്ഷനാണ് ഇതൊക്കെ അഡിക്ഷനാണ് അപ്പോ ആസക്തി എന്ന് പറയുന്നതിന് അഭിസ്നേഹം എന്ന് പറയുന്ന അഡിക്ഷൻ എന്നാണ് പറയണമെങ്കിൽ ക്ഷൻ ആവശ്യമാണ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ് വരത്തില്ലേ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഈ മതപ്രഭാഷത്ത് കേൾക്കുന്നതല്ല അതായത് ഞാൻ നേരിട്ട് അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ കെയർ ഉണ്ടായിരിക്കുക ടെസ്റ്റ് ഉണ്ടായിരിക്കുക ഇതിനെ തന്നെ റെഗുലറൈസ് ചെയ്യുന്നതിനാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ റെഗുലറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആം സി സി പോലെയുള്ള ഭക്ഷണത്തിനുള്ള മനസ്സിൽ കടന്നു വരാതി അത് വരാതിരിക്കുക സ്വാർത്ഥത കുഴപ്പമുള്ളതായിരിക്കും മനുഷ്യൻ അടിസ്ഥാനപരമായി ജീവശാസ്ത്രപരമായി മനുഷ്യൻ സ്വാർത്ഥന എല്ലാവരും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് സ്വാർത്ഥന സ്വാർത്ഥത ഉണ്ടാവും പക്ഷെ അത് മാരകമാകണം തണിക്കും മറ്റുള്ളവർക്ക് അവർ പീഡനമായി മാറി അല്ലാത്തിടത്തോളം ഞാൻ ദോഷമൊന്നുമില്ല ഞാനിപ്പോ ഭക്ഷണം കഴിക്കുന്നു എന്റെ ആരോഗ്യത്തിന് പറ്റിയ ഭക്ഷണം ഞാൻ കഴിക്കുന്നു എന്ന് പറയുന്നത് എന്റെ സ്വാർത്ഥതയാണ് അല്ലെന്ന് പറയാൻ സ്വാർത്ഥം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് ഞാൻ എന്റേതായ പൊരുതസ്ഥിതികളെ ഞാൻ സംരക്ഷിക്കുന്നു എന്റെ സ്വാർത്ഥതയാണ് അക്കാര്യത്തിൽ ആർക്കും നിസ്വാർത്ഥനാകാൻ പറ്റത്തില്ല നിസ്വാർത്ഥനാകുന്നതിന് നമുക്കൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ അർത്ഥമാണ് എനിക്ക് എന്റേതായ വസ്ത്രം വേണം എന്റെ ഭക്ഷണം വേണം എന്റെ കിടക്ക വേണം എനിക്കനുകൂലമായ സാഹചര്യങ്ങൾ വേണം ഇത് മനുഷ്യന്റെ സ്വാർത്ഥതയാണ് അവിടെ ഞാനൊന്നും എന്റേതെന്നുള്ളത് ഇല്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഞാൻ സർവയോഗിൽ അത് കൂടിയതി ഞാൻ എന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതാണ് എന്റെ സ്വാർത്ഥത എന്റെ മമത ഇത് എല്ലാ മനുഷ്യരും അവനും എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് യാതൊരു സ്വാർത്ഥതയില്ല എനിക്ക് യാതൊരു മമതയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതും അതിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തിട്ട് ഗൂഢമായി അതിൽ അഭിരമിക്കുന്ന ഒരു സ്വാർത്ഥതയാണ് നമ്മൾ എപ്പോഴും നമ്മുടേതായ പ്രതിച്ഛായകൾ ശ്രദ്ധിക്കാൻ ഞാൻ തിയാറിയാണ് ഞാൻ വൈരാഗ്യാണ് ഞാൻ ജ്ഞാനിയാണ് ഞാൻ ഭക്തനാണ് തന്റെ തന്നെ മനസ്സിൽ സൃഷ്ടിക്കുന്ന മറ്റുള്ളവരുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന തന്റെ പ്രതിച്ഛായകളാണ് താൻ അങ്ങനെയൊന്നും ആയിരുന്നു എന്നൊന്നുമില്ല അതാണ് ഇമേജ് എന്ന് പറയുന്നു പ്രതിബിംബം എന്ന് പറഞ്ഞു നമ്മൾ സദാസമയം ജീവിതത്തിൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ മറ്റുള്ളവരുടെ മനസ്സിൽ ഇത്തരം പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കും ഞാൻ യോഗിയാണ് ത്യാഗിയാണ് എന്തൊക്കെയാണ് എന്താണ് ആ പ്രതിബിംബങ്ങൾ സൃഷ്ടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഗൂഢമായി ആനന്ദിക്കും ആനന്ദിക്കുന്നത് ഞാൻ അപ്പൊ ഇതൊക്കെ എന്താണ് എന്റെ സ്വാർത്ഥതയാണ് പക്ഷെ ഞാൻ പ്രഖ്യാപിക്കുന്നത് എന്താണ് ഞാൻ ത്യാഗിയാണ് വിദഗ്ധനാണ് ഇതിലൽപ്പം വ്യാജമുണ്ട് വ്യാജ ചെറുപ്പം തന്നെയാണ് ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ കട്ടിപ്പോക്കുന്ന സാധനങ്ങളാണ് കട്ടിപ്പോക്കുന്ന മാനസിക സൗഹൃദങ്ങളാണ് അവിടെയൊക്കെ മനുഷ്യൻ സ്വാർത്ഥം തന്നെയാണ് ഇങ്ങനെയൊക്കെ ൊരാളും വിസ്വാർത്ഥനൊന്നും ഞാൻ വിരക്തനാണ് വിരക്തനാണെന്ന് ഞാൻ വാക്കുകൊണ്ടും പറയില്ല ഞാൻ മറ്റുള്ളവരുടെ മുൻപിലും അലക്ഷ്യമായി ജീവിച്ചാൽ മതി കെയർലെസ് ഇവിടെ പറയുന്നത് ഉദാസീനനായി ജീവിച്ചു കാണിച്ചാൽ മതി അവർ വിധിയെഴുതിക്കൊള്ളുമോ ഇയാൾ വലിയ വിരക്തനായി എന്തുകൊണ്ട് ഇയാൾ ഉടുപ്പെടുന്നില്ല മേളിലൊരു ഓർത്തെടുത്ത് പുതയ്ക്കുന്നവയും വിരക്തനായോളാണ് അത് ചെരിപ്പെടുന്നില്ല വിരക്തനായ കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് വിരക്തനായിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ അനുഭവം വെച്ച് പറയുന്നു ഇത്ര കോപ്രായങ്ങളും കാണിച്ചിട്ടുണ്ട് മനസ്സിലായ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി എന്താണോ വിരഗ്ധന്മാരൊക്കെ നമ്മുടെ എനിക്ക് തിരിച്ചറിയാൻ കണ്ടുകഴിഞ്ഞ അവിടെ ഇവൻ എന്ത് വെറൈറ്റിയാണ് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഒരു ധർമ്മവും മേറ്റുമില്ലാതെ ഞാൻ അപ്പം ഇവൻ ഇത്ര ഡിഗ്രിയാണ് അവന്റെ തൊഴിലല്ലെങ്കിൽ മനസ്സത് ക്യാച്ച് ചെയ്യും അതിനാണ് ജീവിതാനുഭവങ്ങളെന്ന് പറയും അതിനോട് കടന്നു ഹിമാലയത്തിലൊക്കെ പറഞ്ഞിടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നെനിക്ക് ചെയ്യും ഞാൻ ഓർത്തിരുന്നു പിന്നെ അതൊരു കാലം എന്ന് ഉണിഞ്ഞ് സമാധാനിക്കുകയും ചെയ്തു എനിക്ക് വ്യക്തമാവില്ല ഭയങ്കര സീരിയസ് ആയിരുന്നു വെള്ള സംശയം ഉണ്ടായിട്ടേ എങ്ങനെ കപടതേ ഓ നമ്മൾ വിചാരിക്കുമ്പോ ഞാൻ പരമവിശുദ്ധനാണെന്നാണ് എങ്ങനെ നോക്ക് അതിനകത്തേ ഇത് രണ്ടും വരും എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വ്യാജ സംതൃപ്തി ഉണ്ടെങ്കിൽ അതൊരു കപടത്തെയാണ് വ്യാജ സംതൃപ്തി നമുക്കുണ്ടെങ്കിൽ അതൊരു കപടത്തെയാണ് നൂറ് ശതമാനം നിഷ്കളങ്കനാകാൻ പറ്റിയില്ല എന്ന് അറിയാമല്ലോ അത് സാധിക്കില്ല മനുഷ്യർക്ക് കാരണം ഹ്യൂമൻ എവല്യൂഷൻ പറയുന്ന അതാണ് മനുഷ്യന്റെ ജീനിനുള്ളതാണ് കാപ്പട്ടം അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ സത്യത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും നമ്മൾ കുറച്ച് കള്ളത്തിലൂടെ കാണിക്കുന്നത് കാണിച്ചു പോകും എന്തുകൊണ്ട് നമ്മുടെ ജീനിനുള്ളത് നമുക്ക് മാറ്റാം പറ്റും സാധിക്കില്ല ഇത് എവല്യൂഷണറി സയൻസ് പറയുന്ന കാര്യമാണ് അതിനെ മറികടക്കാൻ മനുഷ്യനും സാധിക്കില്ല എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിജീവനത്തിനുവേണ്ടി നമ്മൾ പല കപ്പട്ട തന്ത്രങ്ങൾ ശീലിച്ചിരുന്നു അത് തലമുറകളിലൂടെ കൈമാറി അത് കൊണ്ടു കടക്കുകയാണ് ഇതൊക്കെ ഉള്ളിവെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രസംഗിക്കുന്നത് സത്യത്തെക്കുറിച്ചൊക്കെ പ്രഭാഷണം കേട്ടില്ല ഞാൻ കേട്ടില്ല ഏത് അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല അബ്നോർമൽ എന്ന് പറയുമ്പോ അത് സൈക്കോസിസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അത് എല്ലാത്തിനും നമ്മൾ കയറി അപ്നോർമൽ എന്ന് വിളിക്കരുത് അങ്ങനെയാണെങ്കിൽ വേഷം കിട്ടിയിരിക്കുന്നത് അപ്നോർമൽ എന്ന് പറയേണ്ടി ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി അങ്ങനെ എല്ലാത്തിനും അതിനൊക്കെ അളവ് പോലും ഉണ്ട് അപ്നോർമാലിറ്റി എല്ലാം അപ്നോർമൽ ഇതൊക്കെ നമ്മളെന്താണ് എന്തുകൊണ്ടല്ലാന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ബോധബോധം തെരഞ്ഞെടുക്കുന്ന വഴികളാണ് ഈ നാട്ടിലെ സാമാന്യമായി മെച്ചപ്പെട്ട വേഷം ധരിച്ച് മറ്റുള്ളവർക്കൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു യുവാവിനും ഈ വേഷം കഴിച്ചു കഴിഞ്ഞിട്ട് ഇമാലയത്തിൽ പോയി ഇങ്ങനെയുള്ള വിഡ്ഡിവേഷങ്ങളൊക്കെ ജീവിക്കുക അയാളുടെ ചോയ്സ് ആണെങ്കിലും അത് അബ്നോർമൽ എന്ന് പറയാൻ പറ്റും അള തിരഞ്ഞെടുക്കുകയാണ് എന്നാ അങ്ങനെ അവിടെ പോയി ജീവിക്കാം കണ്ണൂർ വന്നില്ല കാരണം തന്റെ ചോയ്സാണ് കേട്ടില്ല ചെറുപ്പടാ നടക്കുന്നതും അതെല്ലാം നമ്മുടെ ചോയ്സാണ് ഇങ്ങനെയൊക്കെ ആയാലും ശരിയാവുന്നത് ഇത് തോന്നലേ ഇതാണിതിൻ്റെ ശരിയായ വഴി എന്നൊരു തോന്നൽ ഇതിൻ്റെ കപടത എന്ന് പറയുന്നത് നമ്മളിതൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നു അത് നമ്മുടെ തെരഞ്ഞെടുപ്പായതൊക്കെ സ്വീകരിക്കുന്നു ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ സമൂഹമായിട്ട് ഇടപെടുന്നു സമൂഹമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ സമൂഹം എന്നെ എങ്ങനെ വിലയിരുത്തുന്നു ചിന്തിക്കും സമൂഹം എനിക്കെത്ര റേറ്റിംഗ് തരുന്നു എന്ന് ചിന്തിക്കും അപ്പോ ഇതിന് സമൂഹത്തിൽ നിന്ന് കൂടുതൽ റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളിതിന് എന്ത് കൂടുതൽ ഷോ കാണിക്കും ഷോ ഓഫ് കൂടുതൽ കാണിക്കും അതൊക്കെ തനിന്ന് സംഭവിച്ചോളൂ നമ്മളൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെയാണ് സമൂഹം അവിടെയാണ് അവിടെയാണ് അതിന്റെ പോയിന്റ് ഞാൻ സ്വയം പ്രഖ്യാപിക്കുന്നത് എന്താണോ സുഹൃത് മിത്രാരി ഉദാസീനം ആകൃഷ്ടമൊക്കെ ബന്ധിച്ചു എന്നൊക്കെ പറയുമല്ലോ എല്ലായിടത്തും ഞാൻ സമബുദ്ധിയാണ് ഉദാസീനനാണ് എന്നൊക്കെയാണ് ഞാൻ സ്വയം എന്നെക്കുറിച്ച് ധരിക്കുന്ന അല്ലെങ്കിൽ അതാകാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് കൂടി ഒരു ഷോർട്ട് കട്ട് എന്താണ് ഇതുകൂടെ നോക്കുക റേറ്റിംഗ് എങ്ങനെയുണ്ടെന്നുവിടെ പരിശോധിക്കുക ഇതാണ് കാപ്പറ്റം ഇത് രണ്ടും നടത് നമ്മുടെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ത്യാഗിയാണ് വിരക്തിയാണ് വിരക്തിയാണ് ഞാൻ ആ പ്രിയജീവിയാണ് ലോകമേ എനിക്ക് ഒന്നുമല്ല ഞാൻ ഇതിനൊക്കെ ഞാൻ ഉദാസീനവ എന്നൊക്കെയാണ് സ്വയം ധരിക്കുന്നത് പക്ഷേ അതിന്റെ ഇടയ്ക്കൂടെ മനസ്സ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് അവന്റെ ആ ഗോത്രീയത കൊണ്ട് ഇത് ശ്രദ്ധിക്കും ഇവരൊക്കെ എന്നെ എത്രമാത്രം നിലയിരുത്തുന്നു എന്റെ വിരക്തിക്ക് സമൂഹത്തിന്റെ അംഗീകാരമുണ്ടോ ആ ഒരു പരിശോധന കൂടെ ഇടയ്ക്കൂടെ നടത്തും അവിടെയാണ് കാവട്ട്യം അതായത് നമ്മുടെ പൂർണ്ണമായും നമ്മുടെ ആദർശം നമ്മൾ പ്രഖ്യാപിക്കുകയും അതിന് വിരുദ്ധമായ രീതിയിൽ നമ്മൾ തന്നെ ചിന്തിക്കുകയും ചെയ്യും ആത്മീയതയിൽ മൊത്തം കാണുന്നത് അത് തന്നെയാണ് അത് ആരുടെയും ദോഷമുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും നിങ്ങൾ അത് അവന്റെ ദോഷം അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷം നിങ്ങളുടെ ഉണ്ട് പിന്നെ വേറെ ഒളുടെ ആ ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ എത്ര സത്യസന്ധനായി ജീവിച്ചാലും നിങ്ങൾ കള്ളത്തേനും വരുമെന്ന് പറഞ്ഞാൽ അത് എനിക്കും ബാധകമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി പിന്നെ അതിനൊരാളെ പടി പറഞ്ഞിട്ട് കാര്യം എല്ലാവരും അങ്ങനെ മനുഷ്യരെല്ലാം അങ്ങനെ പിന്നെ നമ്മൾ ശ്രമിക്കുന്ന എന്താണോ ഇതൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യുക ഇതൊരു പരിധി വിടാതെ നോക്കുക എന്നതാണ് സ്വയം ഒരു കായം ഗുണം കൊച്ചുണിയായി മാറാതിരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നത് അല്ലൊന്നും ഇല്ല എന്നുള്ള എല്ലാം ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയും എല്ലാ മനുഷ്യരും റെഗുലറൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിന്റെ പരിധികൾ നമ്മൾ സൂക്ഷിക്കുക അതില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഡിറ്റാച്ച്മെന്റ് കറക്റ്റ് അപ്പൊ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഗുലറൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് അവിടെ കെയർ ഉണ്ടായിരിക്കുക ട്രസ്റ്റ് ഉണ്ടായിരിക്കുക അതൊക്കെയാണ് അറ്റാച്ച്മെന്റ് പക്ഷേ അതിനെ വന്നിട്ട് കുളമാക്കരുത് ആൻസൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇതെല്ലാം തകടം മറിക്കരുത് അത് വരാതെ നോക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് അഭിസ്നേഹവും സ്നേഹം പാടില്ല അങ്ങനെ ഒരർത്ഥം പറയാൻ പാടില്ല അറ്റാച്ച്മെന്റ് പാടില്ല അങ്ങനെ ഒരർക്കും പറയാൻ പാടില്ല നിങ്ങൾക്ക് പരമാവധി പറയാൻ പറ്റും എന്താണ് അഡീ അഡിക്ഷനെ കുറിച്ച് പറയാം അത് പറയാം അഡിക്ഷൻ പാടില്ല ആ രീതി നമുക്ക് ഇന്ന് പറയാം ഇന്നത്തെ ഞാൻ പറയുന്ന മോഡേൺ സൈക്കോളജി അനുസരിച്ചിട്ട് ീരായിട്ട് നിങ്ങൾ ശരിക്കും വ്യാഖ്യാനിക്കണമെങ്കിൽ കുറച്ച് വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ വ്യാഖ്യാനിക്കണമെങ്കിൽ കുറച്ച് മോഡേൺ സൈക്കോളജിയുടെ അറിഞ്ഞിരിക്കുന്നു അല്ലാതെ പഴയ സമ്പ്രദായത്തിൽ ഇരുന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്തിരുന്ന് വ്യാഖ്യാനിക്കാം കുഴപ്പമൊന്നുമില്ല വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതുകൂടെ കുറച്ച് ൂടെ ബന്ധപ്പെടുത്തിയാക്കറിയും അപ്പോ അഭിസ്നേഹിന്റെ അഡിക്ഷനാണ് ഒരു പ്രശ്നമുണ്ട് അത് പാടില്ല അതിനെ തുടർന്നുള്ള പ്രവൃത്തികളും പാടില്ല അമാചാരി പറഞ്ഞിട്ടുണ്ടോ അതിനെ തുടർന്നുള്ള പ്രവൃത്തി പാടില്ല കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് അഡിക്ഷനായി അതിന്റെ ഉള്ളിൽ പിടിച്ചിരിക്കണം അതിനെ തുടർന്നുള്ള പ്രവൃത്തി കള്ളുപിടിക്കുകയാണ് അത് പാടില്ല അതാർക്കും മനസ്സിലാവുന്നു അല്ലാതെ സ്നേഹം അതിന്റെ പേരിൽ വരുന്ന മനുഷ്യന്റെ ക്ഷേമം ട്രസ്റ്റ് കെയർ ഇത് സമൂഹത്തിന് മനുഷ്യരുടെ ഇടയിൽ പരസ്പരം വേണ്ടതെന്ന് ആർക്കും പറയാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റിയ അർത്ഥം പണ്ട് എന്താ പറഞ്ഞതെന്ന് നമ്മൾ എന്തോ ആയിക്കോളും അത് നോക്കേണ്ട കാര്യമില്ല പണ്ടത് എങ്ങനെ വ്യക്തിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യനെതിരെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്യാ അതുകൊണ്ട് രാമാനുജാചാര്യ വ്യാഖ്യാനിച്ചിരിക്കുമ്പം ശരി തന്നെയാണ് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത് ശരി തന്നെയാണ് രാമാനു ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച് സ്നേഹം വേണ്ട ഓക്കെ അഡിക്ഷൻ വേണ്ട രാമാനുജാ പറഞ്ഞ് അത് മാത്രമല്ല അതിനത്തടുത്തുള്ള പ്രവൃത്തികളും പാടില്ല ആദ്യം ശരിയാണ് പ്രവൃത്തികളും വേണ്ട സിംപിളായിട്ട് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിന് വ്യാഖ്യാനിക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാര്യം ഇനി ഒരാൾ പറയണ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിലത് അഡിക്ഷൻ എന്നാണ് കുഴപ്പമില്ല പക്ഷെ കേൾക്കുന്നവന്റെ മനസ്സിലും അത് വരണം പറയുന്നവന്റെ മനസ്സ് മാത്രം ഇതിലൂടെ പോരാ കേൾക്കുന്നവന്റെ മനസ്സിലും വേണം അതായത് ഇപ്പൊ അറ്റാച്ച്മെന്റ് അർത്ഥം പറയുന്നു അതിന്റെ അർത്ഥം ഒരാൾ പറയുന്നത് അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ അഡിക്ഷനാണ് ഞാൻ അങ്ങനെയാണത് മനസ്സിലാക്കും നോക്കി കുഴപ്പമില്ല പറയുന്നവൻ മനസ്സിലാക്കിയാൽ പോരാ ഇത് ആര് മനസ്സിലാക്കണം കേൾക്കുന്നവനും കൂടെ ആർക്കും മനസ്സിലാവും അവിടെയാണ് പ്രശ്നം അപ്പൊ ഇന്ന് ഇതിനെയൊക്കെ വ്യത്യസ്തമായി കാണുന്നുണ്ട് നമ്മളതിനെ പറ്റിയ വാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ അഭിസ്നേഹം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നൊരാൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ അവസരം കിട്ടിയ ചോദ്യം ചോദിച്ചതാണ് താങ്ക്സ് എനിക്ക് ഞാനിത് പറയത്തില്ല നമ്മള് ഓർമ്മിക്കേണ്ടതായിരുന്നു ഇന്നതാണ് സംഭവം അങ്ങനെങ്ങനെ പറയും അങ്ങനെ പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ സാധാരണ എന്താ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് അതിന്റെ വാക്കർത്ഥം പറഞ്ഞാൽ നമ്മൾ പോകുന്നു നമ്മൾ വ്യാഖ്യാനിക്കുന്നു വിശദീകരിക്കുന്നു അപ്പോ അഭിസ്നകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അതിൻ്റെ നമ്മളെന്താണോ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെല്ലാം മനസ്സിലാക്കുകയും മതി അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളും വ്യാഖ്യാനം എന്ന് പറയുന്നതാണ് മതപ്രഭാഷം എന്ന് പറയുന്നതാണ് കേൾക്കുന്നവരത് മനസ്സിലാക്കും അപ്പൊ നമുക്ക് വിശദീകരണങ്ങൾ ചെയ്യേണ്ടി വരും പിന്നെ മറ്റൊന്ന് ഇപ്പൊ പൊതുവെ ആൾക്കാർ ഇങ്ങനെ അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയും എത്രയോ ഗീതാവ്യാഖ്യാനങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ കണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ കാലം മാറിയെന്നും മനുഷ്യന്റെ പഠനങ്ങൾ മാറിയെന്നും നമ്മൾ ആധുനിക കാലത്താണ് ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ പുതിയ പഠനങ്ങളാണ് ഒക്കെ മനസ്സിലാക്കി അതിന്റെ വ്യത്യാസം നമ്മൾ വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും അങ്ങനെ കേൾക്കുന്നവർക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചുകൊണ്ട് അതുതന്നെ അങ്ങനെയാണ് ചോദിക്കവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള് സംസ്കൃതത്തിൽ എന്ത് വാക്ക് പറയുന്നുണ്ടല്ല സംസ്കൃതത്തിന് പകരം വാക്കുണ്ടെന്നല്ല ഞാൻ പറയുന്നു വീണ്ടും അറ്റാച്ച്മെന്റ് നോക്കി അപ്പൊ മമതയെന്ന് പറയുന്നത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല ആസക്തി എന്ന് പറയുന്നത് അവരഭിപ്രായ വ്യത്യാസമില്ല അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാണ് ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞത് ബാക്കി നിങ്ങൾ സംസ്കൃതമാണ് പറയുന്നതെങ്കിൽ എനിക്കെന്താകും അവരൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ നിങ്ങൾ മമതയെന്നും ആസക്തി എന്നും പറഞ്ഞാൽ ആൾക്കാര് ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കും വീണ്ടും മമതയെ നിങ്ങൾ മമതേ എന്ന് പറയുക ആസക്തി ആസക്തി എന്ന് പറയുക ഒരു പ്രശ്നമുണ്ട് പുതിയൊരു വാക്കവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് പോരാ കാലം മാറിപ്പോയി പണ്ടങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തില്ലെങ്കിൽ മനസ്സിലായി അതൊക്കെ മറ്റു വിഷയങ്ങളല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നതായിട്ടുണ്ടാവില്ല നമ്മള് അറ്റാച്ച്മെന്റ് എന്താണ് ലവ് എന്താണ് അഡിക്ഷൻ എന്താണെന്ന് മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അർജുനന് ഭയമുണ്ടായിരുന്നു അല്ലെങ്കിൽ അർജുനന് സ്നേഹം ആ വിഷയം അല്ലെങ്കിൽ സംസാരിക്കുന്നു ഇന്നിപ്പോ നമ്മൾ സംസാരിച്ച അതല്ലേ രണ്ട് രണ്ട് കാര്യങ്ങളല്ലേ അർജുനൻ എന്തുകൊണ്ട് പിന്മാരായ ഭയം കൊണ്ടാണോ അതൊക്കെ മറ്റു വിഷയങ്ങളാണ് അത് നമ്മൾ ഇന്ന് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ചർച്ച ആധുനിക പഠനങ്ങൾ ഇതിനേക്ക് എങ്ങനെ മനസ്സിലാക്കും നമ്മൾ അങ്ങനെയുള്ള ആധുനിക സമൂഹത്തോട് പറയുമ്പോൾ അവിടെ എന്ത് വാക്ക് ഉപയോഗിക്കും ഏതാണ് അവിടെ യോജിച്ച വാക്ക് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പ്രശ്നമൊന്നുമില്ല ഞാൻ മലയാളത്തിലാണ് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരുന്നുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വരുന്നത് മലയാളത്തിൽ പറയുന്ന എനിക്കൊരു പ്രശ്നവുമില്ല ഇംഗ്ലീഷിൽ കിട്ടുന്ന ആയാലാണ് ഞാൻ ഓരോ പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടത്തില്ലെന്നായാലും പറഞ്ഞു ഇംഗ്ലീഷില് ഉപയോഗിക്കേണ്ട വാക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കിട്ടാത്ത എന്താ കുഴപ്പം മലയാളത്തിൽ പറയുമ്പോ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പറയാം സംസ്കൃതത്തിലാണെങ്കിലും ഓരോ പ്രശ്നമില്ല പക്ഷെ സംസ്കൃതത്തിൽ നിന്ന് ആരാരോട് എന്ത് പറയും അവിടെ മമതയെന്നോ ആസക്തിയെന്നോ എന്ത് പറഞ്ഞാലും പ്രശ്നം കിട്ടും പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാകാത്ത കൊണ്ടാണല്ലോ നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറയുന്നു അപ്പൊ സ്നേഹം ഒഴിവാക്കണം പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വരും ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നു സ്നേഹം പാടില്ല അപ്പൊ പറയാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും പറയത്തല്ലോ അതിന്റെ സ്വഭാവമായിട്ടും തോന്നും അതൊരാസക്തിയാണ് ശരി അപ്പൊ അതിന്റെ ഈ പറഞ്ഞു പോലപ്പെട്ടൊന്നും അതൊരു അറ്റാച്ച്മെന്റ് ആണെന്ന് പറയാം അവിടെ മുതലാണ് ഞാൻ തുടങ്ങിയത് പറയുന്ന എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കും അതങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ ഇന്നോ ഇല്ല അതാണ് പറഞ്ഞത് പക്ഷെ സാധാരണ ഭാഷയിൽ നമ്മൾ ഇന്നും അങ്ങനെയൊക്കെ തന്നെ അറ്റാച്ച്മെന്റ് എന്ന് തന്നെ പറയുന്നു സാധാരണ ഭാഷ പക്ഷേ ഇവിടെ നമ്മൾ ഗീതയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അതുപോലെ സാങ്കേതികത്വം വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മനസ്സാസുരപരമായ വശങ്ങളെ നോക്കണം അതായത് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജി സൈക്കോളജിക്കൽ ട്രാപ്പല്ല അഡിക്ഷൻ എന്ന് പറയുന്നത് അത്ര trap. ട്രാപ്പാണ് മനുഷ്യനെ അതിൽപ്പെടാൻ പാടില്ല ഇതാണ് രണ്ടും നല്ല വ്യത്യാസം ചുരുക്കി പറഞ്ഞ അതിനെക്കുറിച്ച് സ്വയം പഠിക്കുക ഇനി അവസരം വരുമ്പോൾ കൂടുതൽ വിശദീകരിക്കും ചർച്ച ചെയ്യാം സ്വയം പഠിച്ചിരുന്ന നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടോ ആ പറയുന്നത്